അള്ളാഹു സുബഹാനുഹുവറ്റായാല നിഷിദ്ധമാക്കിയ ജീവനെ ന്യായമായ കാരണങ്ങളാലല്ലാതെ നിങ്ങൾ കൊല്ലരുത് ഒരാൾ അന്യായമായി കൊല്ലപ്പെട്ടാൽ അവൻറെ അവകാശിയേക്ക് നാം അധികാരം നൽകിയിരിക്കുന്നു എങ്കിലും കൊല്ലുന്ന കാര്യത്തിൽ അവൻ അതിരുകടക്കരുത് തീർച്ചയായും അവൻ സഹായിക്കപ്പെടുന്നവനാകുന്നു